വൃദ്ധ സദനം രചന ടി വി കൊച്ചുബാവ പങ്കെടുക്കുന്നവർ പ്രേമചന്ദ്രൻ സി ജോസ് ഡോക്ടർ എൻ രാജൻ നായർ കെ എസ് പുരുഷോത്തമൻ മനു ജോസ് വി മണികണ്ഠൻ ടി വി ഗോപിനാഥ് എ ജെ ഡേവിസ് വാസുദേവൻ ഇടപ്പിള്ളി ചന്ദ്രൻ അലക്കര കെ കെ അനിരുദ്ധൻ ചന്ദ്രൻ മൂക്കാട്ടുകര കെ ബി നമ്പ്യാർ മോഹൻ ചേരപ്പറമ്പിൽ ശ്രീമതിമാർ സി രമാദേവി എൻ എസ് ഉഷാറാണി എൽ വാസന്തി പ്രിയോൾ എം ആർ ദിവ്യ കെ മിനി ജയചന്ദ്രൻ കുമാരി രമ്യാകൃഷ്ണൻ മാസ്റ്റർ ശരത് നാരായണൻ പശ്ചാത്തലം പി ഫ്രാൻസിസ് സാങ്കേതിക സഹായം എം ഇന്ദിര സംവിധാനം കെ എം നരേന്ദ്രൻ ടി ടി പ്രഭാകരൻ അപ്പോൾ നമ്മൾ ഇനി വൃദ്ധസദനത്തിലേക്ക് എന്നു പറയാറായിട്ടില്ല ഒടുവിൽ ഒരു വൃദ്ധസദനം അല്ലെങ്കിൽ ആറടി സെമിട്രി അതേതായാലും ഉറപ്പ അവിടെയല്ലേ വിശ്രമം പ്രതീക്ഷിക്കാവോ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ ഞാൻ ചെറിയ കൻ്റണി ഞാനേ ഒരു യാത്രയിൽ എവിടേക്കാണെന്ന് ചോദിക്ക് തുടക്കം കേട്ടതുകൊണ്ട് വിചാരിക്കും വൃദ്ധസതനത്തിലോട്ടാണെന്ന് ഏ അവിടേക്കൊന്നും എൻ്റെ സാറ എന്നെ എത്തിക്കത്തില്ല ഞാനേ ഇപ്പോഴേ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ റോയ് മാത്യുവിൻ്റെ അടുത്തോട്ട് പോവുക എന്നെ അങ്ങേരെ കാണിക്കേണ്ടതായ ചില തകരാറുകളൊക്കെ ഉണ്ടെന്നാണ് ആ സാറ പറയുന്നത് മിണ്ടാതിരിക്കുന്നുണ്ടോ ഡ്രൈവ് ചെയ്തിട്ടോട്ടാ ഓരോരോ മിണ്ടാതിരുന്നേക്കാം ആ ഞാനിങ്ങനെ സാറേപ്പറ്റി പറയുന്നൊന്നും ഇഷ്ടമാവുന്നില്ല വലിയ അഭിമാനിയാണ് എന്റെ തകരാറ് മനസ്സിലായില്ലേ ഞാൻ ചുമ്മാ ഇതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കും അല്ല ക്ലേശം മനസമാധാനക്കേടുണ്ട് എനിക്ക് എവിടെയോ എന്തൊക്കെയോ വേവലാതി ഇവിടെ ഇരിക്കുമ്പോൾ തോന്നും അവിടെ നിൽക്കണമെന്ന് അങ്ങനെ അതൊക്കെ ഒന്ന് നേരെയാക്കിയെടുക്കാനാ സാറ എന്നെയും കൊണ്ട് മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോകുന്നത് സാറ എത്ര നല്ലവള ഇതാണ് ഡോക്ടർ റോയ് മാത്യുവിന്റെ നേഴ്സിംഗ് ഹോം വിധിരേഖയിൽ എഴുതി വെച്ചിരുന്നിരിക്കണം ഒരു മനഃശാസ്ത്രജ്ഞനുമായുള്ള എന്റെ കൂടിക്കാഴ്ച വരണം വരണം കാത്തിരിക്കുന്നു പ്രായം മറന്ന് കുട്ടികളോടൊപ്പം കളിക്കുക അതുമാത്രമല്ല ഡോക്ടർ മറ്റുള്ളവർക്ക് വേദനിക്കുന്നുവെന്ന് അറിഞ്ഞാൽ സഹായിക്കാനായി അവർ ഓടി ചെല്ലുക എന്നിട്ട് അപകടത്തിൽ ചാടുക അവരുടെ ചീത്ത വിളി ഡോക്ടർ എന്തോ പറഞ്ഞല്ലോ അതായത് മനസ്സിലായി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് അതെ സാറോ അങ്ങനെ പറയരുത് ഞാൻ നിന്നെ ഉപദ്രവിക്കുമെന്നോ എന്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം നിന്റെ സ്നേഹം സ്വസ്ഥമായ നമ്മുടെ ജീവിതം കുറച്ച് ചിത്രം വരാം ലേശം സംഗീതം അതിലപ്പുറം ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല സാറാ എൻറെ ഉള്ളിൽ ആകെ വ്യസനങ്ങളല്ലയോ ആഗ്നസിന്റെ ഓർമ്മ ഇടക്കിടയ്ക്ക് വരുമ്പോ അതൊന്നും മറന്നു കിട്ടാൻ ഈ മദ്യപാനൊന്നും അറിയാൻ പാടില്ലാത്തോണ്ട് കുട്ടികളോടൊപ്പം തുടങ്ങി ആഗ്നസിന്റെ ഓർമ്മ പെരുന്നാൾ നിർത്ത് സാറയ്ക്ക് വിഷമെന്ന് തോന്നുന്നു ആഗ്നസിന്റെ ഓർമ്മ നിന്നോടുള്ള സ്നേഹക്കുറവുണ്ടോന്നും അല്ല എന്നാ ചെയ്യാനാ ഓർമ്മകൾ അങ്ങനെ വരുവാന്നേ കുറെ കാലം എന്നെ സ്നേഹിച്ചു ഒരുമിച്ച് കിടന്നുറങ്ങിയതല്ലേ കണ്ട സ്വത്തും പദവിയുമൊക്കെ എനിക്ക് തന്നിട്ട് അവൾ പോയി ദൈവത്തിന്റെ അടുത്തോട്ട് പോയി ടേക്ക് ഇറ്റ് ഓർമ്മകളില്ലാത്തൊരു ശൂന്യത ഇന്നത്തെ ജീവിതം അതല്ലേ താങ്കൾക്ക് വേണ്ടത് എന്റെ ചികിത്സ താങ്കൾക്ക് അത് ലഭിച്ചിരിക്കും ഡാഡി ഒന്നാ കണക്കിന് കിട്ടും ഇതക്ക് നീ എന്തായിരുന്നാലും രാത്രി തന്നെ ഡാഡിയോട് പറയാതിരുന്നെ എന്നാ സ്ത്രീ അക്കങ്ങളെ ഷോക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്ന തടയുമായിരുന്നില്ല ഡാഡി ഞാൻ മറന്നു പോയതാ ജിതി സുരക്കങ്കളിനു വേണ്ടി ഡാഡിയുടെ കയ്യിൽ നിന്ന് എത്ര തല്ലുകിട്ടിയാലും അങ്കിളിന് ഷോക്കൊന്നും ഹലോ ഹലോ ഞാൻ തന്നെയാ രേവതി എത്തിയോ ഹലോ ഞാനിവിടെ ആ ആ അതെ ഇത്തിരി ദൂരം കൂടി ആ ഇത്തിരി ദൂരമാണല്ലോ എപ്പോഴും അകലെ എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും വഴിയിലൂടെ കാർ എടുത്ത് ഒന്ന് വേഗം അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീയക്കിന് സാറയും റോയും കൂടി നീ പറയുന്നത് കേട്ടാത്തൊന്നും എനിക്ക് സങ്കടം പോലെ സങ്കടമുണ്ട് വളരെ വളരെ ഇടംബലം തിരിയാനൊക്കാത്ത വിധവാ വാഹനങ്ങള് നീ കേക്കുന്നില്ലേ ഡോക്ടർ റോയിയുടെ അവിടേക്ക് തന്നെ ആണെന്നാണോ നീക്കിതാ ഉറപ്പായും പറഞ്ഞത് അതെ ഇന്നലെ അവളോട് സ്വകാര്യ റോയിയുടെ അവിടെ നിന്ന് ഒരു ഷോക്കം കഴിഞ്ഞ് അങ്കൾ വലിയ ബുദ്ധിമാനായി തിരിച്ചെത്തുമെന്ന് ആ രേവതി വാഹനങ്ങൾ ഒക്കോട്ട് നീങ്ങി തുടങ്ങി ഫോൺ വെച്ചോളൂ ഞാൻ അവിടെ വേഗമെത്താൻ പ്രാർത്ഥിച്ചോളൂ ഭാഗ്യമുണ്ടെങ്കിൽ സിറിയക്കിന് ഒന്നും സംഭവിക്കില്ല ഒരു കീവേഡാണ് ഞാൻ ഉപയോഗിച്ചത് മനസിന്റെ കാര്യമാവുമ്പോ പെട്ടെന്ന് ഓപ്പണിങ് കിട്ടാൻ വേണ്ടി രോഗിയെ മുമ്പിലിരുത്തി നേർക്കു നേരെ ചോദിക്കുന്നതാണ് പഴയ സൈക്കാട്രിസ്റ്റുകൾ പറയും അത് പ്രാകൃതമാണെന്ന് വിഡ്ഢികൾ എന്നെ ആക്രമിക്കാറുണ്ടോ എന്ന ചോദ്യമല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത് എക്സാക്ട് അവസരത്തിനൊത്ത് മറുപടിയും തന്നു എന്തൊരു ബുദ്ധി ഒരു കോംപ്ലിമെന്റും തെറ്റിദ്ധരിക്കില്ലെങ്കിൽ പറഞ്ഞോട്ടെ ിലൂടെ വിളിച്ചെത്തുവന്നില്ലേ ഇതാണ് പ്രൊഫഷണൽ ആയ ഒരു എഫിഷ്യന്റ് സൈക്കാട്രിസ്റ്റിന്റെ വിജയം ഇനിയൊരു ബ്രെയിൻ സി ടി സ്കാൻ ഒരു വെച്ചാടാക്കി കഴിഞ്ഞു ഷോക്ക് എന്നൊക്കെ പറയുമ്പോഴും ആവശ്യമില്ലാത്തൊരു ചിന്തയെ സ്ഥലം മാറ്റുക അത്ര തന്നെ വേണ്ടി വന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ഷോക്ക് കൂടി കുഴപ്പക്കാരനല്ലാത്ത അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കുന്ന ഒരാളോടൊപ്പം ഒരു ജീവിതം എന്താ ഞാൻ നേഴ്സ് സുശീല അത് നേഴ്സു സോണിയ ഷോക്ക് നൽകാനുള്ള ഉപകരണങ്ങൾ യഥാവിധി ഒരുക്കുകയാണ് ഞങ്ങൾ മഹാപാപത്തിനുള്ള തയ്യാറെടുപ്പ് ജീവിക്കണ്ടേ ഇന്നും ഒരു ലക്ഷപ്രഭു വേണിട്ടുണ്ട് ഡോക്ടർ റോയിയുടെ വലയിൽ എന്തായുടെ പേര് സിറിയക്കാൻറണി ഡോക്ടറുടെ ഭാഗ്യം നാട് മുഴുക്കെ ഭ്രാന്തന്മാരാണെന്നാണ് തോന്നുന്നേ ശരിക്കും പറഞ്ഞ ഭ്രാന്തില്ലാത്തതാർക്കാ ഇവിടുത്തെ മുഴുഭ്രാന്തനാരാ ഡോക്ടർ റോയ് തന്നെ അമേരിക്ക എന്നുള്ള ബിരുദക്കാരന് സ്വന്തമായി കിട്ടിയത് വേലക്കാരൻ്റെ ഒളിച്ചുപോയ പെണ്ണും ഈ നഴ്സിംഗ് ഹോമും കണക്കില്ലാത്ത സ്വത്തും എല്ലാം കൊണ്ടും നേട്ടം ഭാഗ്യം രാത്രിയിൽ ഉറങ്ങുന്നുണ്ടാവോ അയാള് സുഖമായി ഉറങ്ങുന്നുണ്ടാവും പകരം ഉള്ളിലെ ദേഷ്യം തീർക്കുകയായിരിക്കും രോഗികൾക്കെടുത്ത് വരുന്നവർക്കെല്ലാം ഷോക്ക് രണ്ടു ഗുളിക പുറത്തു തട്ടി ഒരാശ്വാസവാക്ക് അത്രേം മതി മിക്ക രോഗികൾക്കും അതുകൊണ്ടും രോഗിയുടെ ബന്ധുക്കൾക്ക് വിശ്വാസം വരില്ല സ്കാനിങ് ആ പരിശോധന ഈ പരിശോധന ഷോക്ക് ഒക്കെ കൂടിയേ തീരൂ എല്ലാത്തിനും പണം തന്നെ മുഖ്യം സുശീല ുംസറം എന്ത് രണ്ടാം ഭാര്യ നിർബന്ധിച്ചു കൊണ്ടുവന്നിരിക്കേമിയ ചെറുപ്പ അയാളെ ഭ്രാന്തനാക്കി കിടത്തിയാലേ കിടത്തിയാലേ ഭയമോ എന്തിന് എല്ലാം എൻ്റെ സാറയ്ക്ക് വേണ്ടിയല്ലേ കുട്ടികളോടൊപ്പം കളിക്കാതിരിക്കുക അലങ്കാരങ്ങൾ കേടുവരുത്താതിരിക്കുക സാറയ്ക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുക അതിനുള്ള ഏത് ഞാൻ റെഡി ഡോക്ടർ പണിക്കര കുട്ടികൾ ആഹ്ലാദവും സ്നേഹവുമായി വൈകുന്നേരങ്ങളിൽ കടന്നുവരുമായിരുന്നു ഞാൻ അവരോടൊപ്പം കുന്നും കടൽക്കരയിലും ഓടിക്കളിക്കുമായിരുന്നു അവർക്കും ആഗ്നസിനും വേണ്ടി പിയാനോ വായിക്കുമായിരുന്നു കുട്ടികൾക്കൊത്ത് ഓരോരോ തമാശകൾ കാണിക്കുമ്പോഴും ആഗ്നസ് രോഗക്കിടക്കയിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്തു പറ്റി നീ വല്ലാതെ വേർക്കുന്നല്ലോ എന്തോ ഒരു വിമിഷ്ടം പോലെ ഡോക്ടറെ വിളിക്കണോ വേണ്ട ഞാനൊരു കാര്യം പറഞ്ഞു അങ്ങനെ ഈ ലോകത്തിലെ മുഴുവൻ സന്തോഷവും ഞാൻ ഇപ്പോ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ സന്തോഷം മനുഷ്യ ജീവിതത്തിൽ കൊല്ല എന്നെ എന്റെ കൈക്കൂടെ അവളുടെ വിരലുകൾ തണുത്തു വരുന്നത് ഞാൻ അറിഞ്ഞു അറിയാമോ അറിയാമോ ആഗ്നസിന് മുൻകൂട്ടി നിശ്ചയമുണ്ടായിരുന്നു താൻ മരിക്കാൻ പോവുകയാണെന്ന് അതെ ഞാൻ ഈ ചുവരിൽ എഴുതിയത് വായിക്കുകയായിരുന്നു ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല കേൻ ഇച്ഛകളെ അതിജീവിക്കുന്നവനാണ് െരി ഗുഡ് ഞാൻ ഡോക്ടർ പണിക്കർ എവിടെയാ ഡോക്ടർ റോയ് സർ അത് എനിക്കറിയാം അവന്റെ കൺസൾട്ടിങ് റൂം അല്ലെങ്കിൽ എന്തിനാ അങ്ങോട്ട് അവനുണ്ടാകുന്ന ഏക സ്ഥലമല്ലേ ഉള്ളൂ ഷാക്ക് ട്രീറ്റ്മെന്റ് റൂം അല്ലേ അങ്ങോട്ടാർക്കും പ്രവേശനമില്ല സർ മെല്ലെ മെല്ലെ ധൃതി എന്തു ഞാൻ നേരിട്ടാർ കടന്നു കഴിഞ്ഞു ഇനി ആ കൊടിലെടുത്ത് എന്റെ നെറ്റിലോട്ട് പിടിപ്പിച്ച് സ്വിച്ചിട്ടാട്ടെ ഞാൻ പിടയത്തൊന്നുമില്ല സാധാരണ ആളുകളെ പോലെ എനിക്കിഷ്ടമല്ലാതൊന്നുണ്ടല്ലോ സാറാ സാറ പേടിക്കുന്ന എന്തിനാ നേഴ്സ് എല്ലാം റെഡിയാണല്ലോ അതെളുവാറക്കുന്നുണ്ടോ ണല്ലോ വാതിൽ തുറന്നു കൊടുക്കരുത് ഡോക്ടർ ഹായ് പണിക്കർ നീ വന്നല്ലോ ഇപ്പൊ കുറച്ചുകൂടെ ധൈര്യായി ഇനി ടങ് ഡിപ്രസർ വെച്ചാട്ടെ ഈശ്വരൻ സ്തുതി ഡോക്ടർ റോയ്യുടെ പ്രയോഗം തുടങ്ങിയിട്ടില്ല ആശ്വാസം ഡോക്ടർ പണിക്കർ സംസാരിക്കണം ഇതെന്റെ ഒരു നിമിഷം കടന്നു കഴിഞ്ഞു അത്രേ ഉള്ളൂ സാറയ്ക്ക് വേണ്ടി അല്ലേ എന്നാലും എന്നാൽ ഇത്രയും വേണ്ടിയിരുന്നോ സാറാ ഇതെന്റെ കുടുംബകാര്യം വെറുതെ ഇടപെടരുത് നീക്കെ സിറിയക്കിന് വേണം അതിനാ അതിനാ അവന് ഒരു മരിച്ച മനുഷ്യനാക്കുന്നതല്ലേ അവന്റെ ഒരു പണിക്കാ വേണ്ട അതിന് കിടക്കുന്നു അടിച്ചു പുറത്താക്കണെങ്കിൽ പോകുക അടിക്കാൻ വാട വാ രണ്ട് ഡോക്ടർമാർ തമ്മിൽ വേണ്ടതായ അണ്ടർസ്റ്റാൻഡിംഗ് ആ താൻ പകരം നീയോ സ്നേഹവും അനുസരണയും മാത്രമുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കരുത്തില്ലാത്ത ഞാൻ കുറ്റപ്പെടുത്തില്ലാറ്റും മിസ്റ്റർ പണിക്കർ വെറുതെ നാണം കടരുത് എല്ലാ ബഹുമാനത്തോടും കൂടിയാ ഞാനിത് പറയുന്നത് ദയവായി പുറത്തു പോകും സിറിയക്കിനെയും കൊണ്ട് സിറിയക്ക് ഓടാ പോകാം ഇവൻ മനോരോഗിയാണത്രെ മനുഷ്യത്വവും സ്നേഹവും ഭ്രാന്താക്കുക സാറാ നിനക്കിതെന്തു പറ്റി പറയാമായിരുന്നില്ലേ ഒരു വാക്ക് ഇവനെ മടുത്തുന്ന് ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ സിറിയേക്ക് നടക്കട അല്ലേ അതായത് ഈ ഷോക്ക് എന്നൊക്കെ പറയുമ്പം നിസ്സാര ആ യന്ത്രമൊക്കെ വെച്ച് ലേശം കറണ്ട് എന്തുവാനാ അല്ലെങ്കിൽ വേണ്ട അവർ പൊയ്ക്കോട്ടെ എനിക്ക് വേണ്ടത് രേഖകളാണ് ഡോക്ടർ റോയി സിറിയക്കിനെ ഇവിടെ കിടത്തി ചികിത്സിച്ചു കൊടിയ ഭ്രാന്തായിരുന്നു അതിന്റെ രേഖകൾ മനസ്സിലായോ ഒരു പെഗ് പോരാ വീട്ടു ചെല്ലുമ്പോ രേവതി പ്രശ്നം ഉണ്ടാക്കും എനിക്കും ഒരു പെഗ് വേണമെന്ന് തോന്നുന്നു ഈയിടെയായി എനിക്ക് നിന്നെ തീരെ മനസ്സിലാക്കാനാവുന്നില്ല നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ് അറിയത്തില്ല അല്ലെങ്കിൽ ആർക്കാ സ്വന്തം വിധിയെ കുറിച്ച് അറിയാവുന്നു ആഹാ ധാത്വികം വിട് മറ്റുള്ളവരെ സ്നേഹിക്കുക നുസരിക്കുക എന്നതിനൊക്കെ അർത്ഥം സ്വയം ഫോളാവുക എന്നല്ല അങ്ങനെ ഓരോടത്തും എഴുതി വെച്ചിട്ടില്ല ഉണ്ടോ നീ ധാരാളം വായിക്കുന്നവനല്ലേ വായനയും ജീവിതവും രണ്ടല്ലേ എന്തോ അറിയില്ല എല്ലാം നിലക്കറിയാവുന്ന കഥകൾ തെരുവിൽ നിന്ന് ആഗ്നസിൻ്റെ മാളികയിൽ വന്ന വേലക്കാരും പയ്യനും നെഞ്ചുറപ്പുണ്ടായിരുന്നു ആഗ്നസിൻ്റെ സ്നേഹത്തിലേക്ക് ചെന്നപ്പോഴും അനർഹമായത് നേടുന്നുവെന്ന് തോന്നലായിരുന്നു ഇരുപത് വർഷത്തെ ദാമ്പത്യം അവളുടെ കണക്കു സുഖമുടന്നു പടയിൽ ജയിച്ച രാജാവിൻ്റെ അഹന്ത പണം പണം എന്നിട്ടാ പണത്തിന് ആഗ്നസിൻ്റെ ജീവൻ പിടിച്ചു കഴിഞ്ഞോ ഒരു കുഞ്ഞിനെ തരാനായോ ശരിക്കും ഞാനൊറ്റയ്ക്കല്ലേ ആവശ്യത്തിലേറെ സ്വത്ത് കൈവശമുള്ളവർക്ക് തോന്നുന്ന ജീവിതാസക്തി അതാ ഇപ്പോഴത്തെ നിന്റെ ഈ പേടി സ്വത്ത് നിന്നോട് ഇതുവരെ കാര്യം സ്വത്തൊക്കെ ഞാൻ സാറായുടെ പേരിൽ എഴുതി കഴിഞ്ഞു സെറിയ സത്യമാണോ അവൾ ആവശ്യപ്പെട്ടു ഞാനനുസരിച്ചു അല്ലേൽ എനിക്കെന്തിനാ സ്വത്ത് സ്വത്ത് എഴുതി വാങ്ങിക്കുക നിന്ന് ഷോക്കിലേക്ക് എത്തിക്കുക സഹയുടെ ബുദ്ധി അപാരം ശരിയാ നിനക്കെന്തിനാ സ്വത്ത് എനിക്കതുണ്ടല്ലോ ധാരാളം എന്നാലും എന്നാലും ഒരു തലോടൽ രണ്ട് നല്ല വാക്കുകൾ ഞാൻ അതിലേക്കങ്ങ് തലചായ്ച്ചു കൊടുക്കും വ്യക്തിത്വമില്ലായ്മയാണ് അറിയാം മാതി ും നശിപ്പിച്ചു കഴിഞ്ഞു രണ്ട് പറഞ്ഞിട്ട് തന്നെ പറയണം പണിക്കർ തനിക്ക് എന്നോട് എന്താ പറയാനുള്ളത് ഞാനിവിടെ മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുമായിരുന്നു തന്റെ ധാർമ്മിക രോഷമൊക്കെ തന്റെ വീട്ടിൽ മതി ഇതെന്റെ വീട് മനസ്സിലായോ സാറാ ഇത് നമ്മുടെ പണിക്കലാണ് മറന്നിട്ടില്ല ആഗ്നസിന്റെ നേഴ്സായി ഞാനിവിടെ വന്നത് ഇയാള് റെക്കമെന്റ് ചെയ്തിട്ട് ഓർക്കുന്നുണ്ട് ഒക്കെ ഓർക്കുന്നുണ്ട് രോഗികളുടെ വല്ലാത്ത തിരക്ക് എല്ലാർക്കും അതിനാ കേട് എന്താ പേര് ഞാനത് അറിഞ്ഞല്ലോ അപ്പോ ഹോം നഴ്സായിട്ടാ സാറയെ അപ്പോയിന്റ് ചെയ്യുന്നത് ബയോഡാറ്റയൊക്കെ ഞാൻ നോക്കിയിരുന്നു എക്സലന്റ് എന്റെ കുടുംബസുഹൃത്താ മിസ്റ്റർ സിറിയക് ആന്റണി സിറിയക്കിന്റെ ഭാര്യ ആഗ്നസിന് തീരെ എന്താ രോഗം ഞങ്ങൾ ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാനായിട്ടില്ല ആ സാറയുടെ പ്രധാന ജോലി ആഗ്നസിനെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എന്താ സമ്മതല്ലേ ഉപകാരം അതിലേറ്റവും സന്തോഷിക്കുക ഞാനും രേവതിയുമാണ് ഇവിടത്തെ താമസത്തിനിടയിൽ നിന്നെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട് സാറാ പക്ഷേ ആഗ്നസ് ഇത നിറഞ്ഞ ഹൃദയത്തോടെ സമ്മതിക്കൂടാ എനിക്ക് ഉറപ്പുണ്ട് നീ മറുപടി പറഞ്ഞില്ല എങ്കിൽ പിന്നെ ഓ ഒക്കെ നിന്റെ ഇഷ്ടം പോലെ ആട്ടെ ഈ സന്തോഷത്തിന്റെ പേരിൽ ഇന്നൊരുഗ്രം പാർട്ടി ഞങ്ങളുടെ പക്ഷെ പണിക്കർ താനൊന്നു മറന്നു താൻ ഇടപെട്ടിരുന്നില്ലേലും ഞങ്ങൾ വിവാഹിതരാകുമെന്ന് തന്റെ ഇടപെടലിനൊക്കെ മുമ്പേ ഞങ്ങൾ മനസ്സുകൊണ്ട് അടുത്തിരുന്നുവെന്ന് തന്റെ പൊളിച്ച റെക്കമെന്റേഷൻ ഇല്ലായിരുന്നേലും നടക്കുമായിരുന്നു സിറിയ്ക്ക് ഞാനുമുള്ള വിവാഹമെന്ന് അതുകൊണ്ട് പ്ലീസ് മിസ്റ്റർ പണിക്ക് മേലിൽ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിലേക്ക് ഒരു ചീത്ത മനുഷ്യന്റെ ഇടപെടലുമായി കടന്നു രാത്രി ശരിക്കും എന്റെ സിറിയക്കിനോട് എനിക്ക് പിണങ്ങാൻ പറ്റുമോ ഞാൻ വിചാരിച്ചില്ലേട്ടോ സിറക്കിന് എന്നോട് ഇത്രയും സ്നേഹവും അനുസരണയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്തു അനുസരിക്കോ സംശയമുണ്ടോ സാറേക്ക് എനിക്കവന്റെ ജീൻസും ബാഗും ഷർട്ടും കറുത്ത കണ്ണടിയും ഒന്നും പിടിക്കുന്നില്ല ഓ ഒരു പാവം കവിയാണ് എവിടെ അതോണ്ടാണോട്ടെ നമ്മൾ ഇതുവരെ ഓർഡർ ഒന്നും കൊടുത്തില്ലോ ഏയ്റ്റർ മാഡം രണ്ട് ഐസ്ക്രീം വല്ലപ്പോഴും ലേശം ഷുഗർ ഒക്കെ ആവാം നിബന്ധനകൾ എപ്പോഴും പാലിക്കണമെന്നില്ല െ കൗതുകപൂർവ്വം തട്ടിക്കളിക്കുന്നുണ്ടല്ലേ അങ്ങനെ രണ്ടു കൊടുത്താലോ സിറിയുമെന്ന് പറഞ്ഞാ ഇടിക്കും ഞാൻ ചെന്ന് ചോദിക്കാം അയാളോട് പെണ്ണുങ്ങൾക്കും തന്റെ ഇടം മനസ്സിലാക്കി കൊടുക്കണല്ലോ എന്താ അതും ശെരിയാ എന്ത് വൈകീത ഡൊമിനിക് ഞാൻ കാത്തിരിക്കുന്നു കൊടുക്കാൻ ഒത്തില്ല ഇനിയിപ്പോ എന്താ പ്ലാൻ ആ ആ നഗരത്തിൽ അകലെ ഒരു വൃദ്ധസദനമുണ്ട് വൺ മിസ്റ്റർ ഇരുവാദീസ അതിന്റെ ഡയറക്ടർ കാശ് ഇഷ്ടം പോലെ കൊടുത്ത അയാൾ ഏറ്റി വാങ്ങിക്കോളും സിറിയക്കിനെ ഒക്കെ ഇറുവാതീസുമായി സംസാരിച്ചു വെച്ചിട്ടുണ്ട് ആ പണിക്കാര കണ്ണു വെട്ടിക്കലില്ല സിറിയക്ക് വളഞ്ഞു തരും ഇരു ചെവി അവിടെ എത്തിക്കുന്നതാ റിസ്ക് ഒറ്റക്ക് ജീവിച്ചു തിരക്ക് പിടിക്കാതെ പൊന്നെ എല്ലാ നിയമാനുസൃതം അതാ ബുദ്ധി സിറേക്കിന് സംശയം ഉണ്ടാക്കേണ്ട ഞാൻ സൗകര്യത്തിന് വിളിക്കാം ഹലോ ഞാൻ നർമ്മൽ ഭവനം വൃദ്ധസാദനത്തിന്റെ ഡയറക്ടർ ഇറുവാദിഷ് എസ് ഇവിടത്തെ ഒരു അന്തേവാസിനി മരിച്ചു തള്ളയാത്മഹത്യൊന്നുമല്ല തള്ളയ്ക്ക് അതിനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ തള്ള കുറെ കാലമായി മരണം അഭിനയിച്ചെല്ലാവരെയും പറ്റിക്കുന്നു മരിച്ചെന്നെല്ലാവർക്കും ഉറപ്പാകുമ്പോൾ തള്ള എഴുന്നേറ്റിരിക്കും പ്രാർത്ഥനാലയത്തിൽ വെച്ച ഇതിൻ്റെ കരങ്ങേറ്റം ഇന്ന് വെളുപ്പം കാലത്ത് ആരോരും അറിയാതെ തള്ളയങ്ങ് മരിച്ചുപോയി ഓരോരോ തമാശകൾ ഉണ്ട് സദനൻ ഡോക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട് എസ് സാറിനെയും ഒന്ന് അറിയിക്കലാണല്ലോ അതിൻ്റെ ഒരു മര്യാദ ആ ആ സദനൻ ഡോക്ടറെ എത്തിക്കഴിഞ്ഞു ആ ഞാൻ ഫോൺ വയ്ക്കട്ടെ ൂട്ടിപ്പോയി ശവം പരിശോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചേരേ എടോ മാനേജറെ തള്ളയുടെ ശവത്തിനടുത്തിരിക്കാൻ കൊള്ളാവുന്ന കൊറച്ച് അതെ കണ്ടാൽ ആ ദാരിദ്ര്യം തോന്നുന്ന കുറച്ച് വൃദ്ധന്മാരെ തയ്യാറാക്കി നിർത്തു പത്രപ്രവർത്തകരെയും ഫോട്ടോഗ്രാഫറേയും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് ആ മരിച്ച അമ്മാമയുടെ മുറിയിലോട്ട് ആരെയും കടത്തിവിടുന്നില്ല അമ്മാമയുടെ മുറിക്ക് മുമ്പിലാകെ പുല്ല മൂപ്പര് എന്തോ ചെയ്യുമെന്ന് പറ പുല്ലുപറിയും അടുത്തിട്ടാ ഒരു രസമായിരുന്നു അമ്മൂമ്മ അതൊന്നും ആരും ശബ്ദമുണ്ടാക്കരുത് എല്ലാവരും ഒന്ന് മാറി നിന്നേ മാറി നിന്നേ ഒരു മൃതദേഹത്തിന് അത്യാവശ്യം വേണ്ടത് കാറ്റും വെളിച്ചവുമാ നിങ്ങൾ മരിക്കുമ്പോഴേ അത് മനസ്സിലാകൂ ഉം മാറി നിൽക്ക് ഞാനൊന്ന് മരിച്ചാലും പരിശോധനയാ ിൽ വരും പിന്നീട് ജീവിച്ചിരിക്കുന്ന ചില പ്രേതങ്ങൾ അറിയാമോ അല്ല നമ്മുടെ നാടാര് ഇതെന്തുവാ കാണിക്കുന്നേ എന്റെ മോതിര വരല്ലോണ്ട് അമ്മഅമ്മയുടെ കവിളത്ത് ഒന്ന് തൊട്ടു നോക്കിയതാ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് എന്നെ വിശ്വസിപ്പിക്കണല്ലോ എന്നാലേ എങ്കിൽ എനിക്കും ഒന്ന് തൊടണം എനിക്കും തൊടണം എനിക്കും അല്ല നീ എന്താ നമ്മുടെ ഇയാക്ക് മൂപ്പരു മാത്രം അമ്മാമ്മയെ തൊട്ടില്ലല്ലോ കൊണ്ട് തൊഴിലുണ്ടായോ എല്ലാരും തൊട്ടിട്ട് മൂപ്പരു മാത്രം തൊടാതിരുന്ന അമ്മാമ്മക്ക് ശാന്തി ലഭിക്കില്ല മൂപ്പരെ ഇയാക്ക് മൂപ്പരെ ഒന്ന് തൊട്ടാട്ടെ തൊടാ ും തൊട്ടോണ്ടിരിക്കാൻ അവളുടെ ശവം ഇവിടെ വച്ചാക്കാമെങ്കിൽ മൂപ്പരിക്കൊരു ജോലി തുടങ്ങി വെച്ചാ പിന്നെ നിർത്താൻ പറ്റില്ല അതിന് ശവ അല്ലേ ഇത് പുല്ലല്ലോ ശരിക്കാണല്ലേ എന്റെ ഏലിക്കുട്ടി മരിച്ചു കിടക്കുന്ന നടത്തി അയ്യാ എന്തൊരു പൂതി ഇതേ അമ് ഇതാ അമ്മാമയെ പൊന്നുപോലെ നോക്കിയ ഈ മകൻ വന്നിരിക്കുന്നു എന്തായി ഡോക്ടർ ആ ഈ മരണം സ്വാഭാവികമാണ് താങ്ക് ഡോക്ടർ എടോ മാനേജറെ സർട്ടിഫിക്കറ്റ് ഫയൽ സൂക്ഷിച്ചേ അല്ലയോ പ്രിയപ്പെട്ട സദനം അന്തേവാസികളെ വാസിനികളെ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ അമ്മൂമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരേണ്ടതായ അവസരമാണിത് ശരി എങ്കിൽ കേട്ടോളൂ അമ്മാമ്മ മരിച്ച വകയിൽ ഇന്ന് കോഴി പൊരിച്ചത് സ്പെഷ്യൽ എന്താ അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തിരുന്നെങ്കിൽ അമ്പത്തഞ്ച് കഴിയാത്ത വൃദ്ധന്മാരെ നമ്മൾ സദനത്തിലേക്ക് എടുക്കാറില്ലെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ അമ്പത്തഞ്ച് എന്ന് തുടങ്ങി തൊണ്ണൂറും തൊണ്ണൂറ്റിയാറും വരെ നീങ്ങിപ്പോകുന്ന നിങ്ങളുടെ ജീവിതങ്ങളാ നിസ്സാര ഞാൻ ഏറ്റെടുക്കുന്നത് അറിയാവോ അതിനിടയിലാണ് ഏറ്റവും അനാഥരെന്ന് തെളിയിക്കുന്ന വൃദ്ധന്മാരെ സദനത്തിലേക്ക് ഫ്രീ ആയി ഏറ്റെടുക്കുക എന്ന് ഭാരിച്ച കടമ മരിച്ചു കിടക്കുന്ന അമ്മാമ്മയെ ഞാൻ അങ്ങനെ എടുത്തെടുത്തതായിരുന്നു പണം തന്ന താമസിക്കുന്ന നിങ്ങളും അമ്മാമയും ഇവിടെ തുല്യരായിരുന്നില്ലേ മറിച്ച് തോന്നിയിട്ടുണ്ടോ ഇല്ല അതാണ് എന്റെ ഹൃദയശുദ്ധിയുള്ള പ്രവർത്തനം പത്രകാരി എത്തിക്കഴിഞ്ഞു ഓ ആ നമസ്കാരം വന്നാട്ടെ വന്നാട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മാമ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഞാൻ ഫ്രീ ആയി നോക്കി വളർത്തി എൻ്റെ അമ്മാമയാ എല്ലാരും ഒന്ന് ഒതുങ്ങിന്നെ ഫോട്ടോഗ്രാഫറെ അമ്മാമ്മക്ക് അടുത്ത് ഡയറക്ടർ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്താട്ടെ മിസ്റ്റർ റീർവാദീസ് ഏങ്ങലടിച്ച് കരയുന്നതായി കാണിച്ചേക്കണം ആ അങ്ങനെ ഉഗ്രം ഫോട്ടോ ആയിരിക്കും കേട്ടോ നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം അപ്പോഴേ എന്തൊക്കെയാ പത്രത്തിൽ കാച്ചേട്ടത് സദനത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ആവോളം നുകർന്നും മരണപ്പെട്ട അമ്മാമയ്ക്ക് അശ്രുപൂജ എന്നൊരു തട്ടങ് തട്ടിക്കോ വിദേശത്ത് വലിയ സ്ഥാനങ്ങളിരിക്കുന്ന മക്കൾ അമ്മാമയ്ക്കുണ്ടെന്നും അവരാരും തിരിഞ്ഞു നോക്കാതിരുന്ന അമ്മാമയെ സദനമേറ്റെടുത്ത് പാപികളായ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുത്തെന്നും പ്രത്യേക എഴുതിയേക്കണം വിദേശത്ത് മക്കളുണ്ടോ തള്ളക്ക് എവിടെന്ന് കിടക്കെട്ടെ നീ ഒരു മരണം വീണ് കിട്ടുമ്പോഴല്ലേ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂക്ക് കയ്യേൽ വെച്ച് തരുന്ന കാര്യം നമുക്ക് വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം ഓക്കെ ഡിസംബറിലെ മനോഹരമായ പ്രഭാതമാണിത് പുലർച്ചെഴുന്നേറ്റ് ഞാൻ ശെമിത്തിരയിലേക്ക് പോയി എന്റെ അഗ്നസിനോട് ഞാൻ യാത്ര ചോദിച്ചു ഞാൻ അവളോട് പറഞ്ഞു അഗ്നസ് ഞാൻ പോവുക നിർമ്മൽ ഭവൻ വൃദ്ധസനത്തിലോട്ട് ഒരു മാസത്തിനകം തിരിച്ചു വരാമെന്ന സാറ പറഞ്ഞിരിക്കുന്നേ യാത്ര അനുമതി തരില്ലേ നീനസ് അപ്പം ചോദിക്കും എന്തിനാ ഇത്രയും വിഷമിച്ച് വൃദ്ധസന്നദ്ധയിലോട്ട് പോകുന്നതെന്ന് സാറ എന്നോടങ്ങനെ പറഞ്ഞു അനുസരിക്കാതിരിക്കാൻ പറ്റുമോ കുറച്ച് നാളത്തേക്ക് നമുക്ക് അകന്നു കഴിയാം പിന്നീടുള്ള കൂടിക്കാഴ്ച രസകരമായിരിക്കും എന്നാണ് സാറ പറഞ്ഞത് ആ രസകരമായ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി താത്കാലികമായ ഒരു മാറ്റത്താമസം ഇറങ്ങിയെ എല്ലാം കാറിലേക്ക് എടുത്തു വെച്ചു വീടാ വീടിനോട് വിട എല്ലാറ്റിനോടും ഡിസംബറിലെ പ്രഭാതത്തിൽ ഞാൻ അല്ല ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിച്ചു എന്തൊരു സന്തോഷം അതിനിടയിൽ എവിടെയോ എവിടെയോ ചെറിയൊരു വേദന എന്തോ കൈപ്പിടിയിൽ നടന്നു പോകുന്നതുപോലെ ആവശ്യത്തിനുള്ള ഡൈ ക്രീം റേസർ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കൂടിയാലും ഒരു മാസം അതിനിടയിൽ ആ പണിക്കരെയും മറ്റും ഫോൺ നമ്പർ അറിയോ ഇല്ല നമ്മുടെ വീട്ടിലെ നമ്പർ അറിയോ പിന്നെ സീറോ നയൻ നയൻ ത്രീ എന്താ ശരിയല്ലേ എന്തൊരു ഓർമ്മശക്തിയെറിയ സാറാ ഞാനില്ലാത്ത ഏകാന്തമായ ബംഗ്ലാവിലേക്ക് തിരിച്ചു ചെല്ലുമ്പം നിനക്ക് വിഷമാവില്ലേ അവിടെ നമ്മൾ ഒന്നിച്ച് ചെലവഴിച്ച ഓരോ നിമിഷവും നിന്നെ വേദനിപ്പിക്കില്ലേ വേദനിപ്പിക്കും ഞാൻ അവിടെ ഒറ്റയ്ക്ക് സിറിയക്കിന്റെ പ്രാർത്ഥനയുമായി കഴിയും ഓ എന്റെ സാറാ മാഡത്തിനെ അറിയിക്കാൻ ഒരു സന്തോഷ വാർത്തയുണ്ട് പതിനാലാം നമ്പർ മുറി ബുക്ക് ചെയ്തിട്ടിരുന്ന ഒരു കിളവിനെ പറ്റി ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ അങ്ങേര് മരിച്ചുപോയി ഓഹോ മക്കൾ തട്ടിയതാന്നാ കേക്കുന്നേ ഇനി മാഡത്തിന്റെ മാന്യവർദ്ധന് ആ പതിനാലാം നമ്പറിൽ ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാം ഓഹോ ദൈവത്തിന് സ്തുതി ആ നല്ല മുറി തന്നെ സിറേഖിന് കിട്ടിയിലോ ഇതെക്ക് പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ ഒരു ലക്ഷം കൂടുതലുണ്ട് ലക്ഷം ഉള്ളതാണോ ഇത് സത്യമാണോ ആ സത്യമായ സത്യം എന്റെ കണ്ടീഷനുകൾ അണുകിട മാറാൻ ഇടവരരുത് ഒക്കെ ഓർമ്മയുണ്ടല്ലോ ഏഴ് കണ്ടീഷനുകൾ മരിക്കും വരെ തിരിച്ചു ചെല്ലരുത് വി പരിചരണം പിന്നെ വേണ്ട മനസ്സിലുണ്ടായാൽ മതി ചുമ്മാതും വാരി വലിച്ചു തിന്ന് തടി കൂട്ടരുത് ഒത്തിരി വരക്കണം വായിക്കണം ഞാനവിടെ സിറിയക്കിനി ഓർത്ത് ഒറ്റയ്ക്കാണെന്ന് എപ്പോഴും ഓർമ്മ വേണം വേണ്ട ഞാൻ പോരുകാരമില്ല നീ ഒരു മാസത്തെ കാര്യല്ലേ ഞാൻ പറന്നിങ്ങു വരില്ലേ അതുവരെ നല്ല മിടുക്കൻ കുട്ടിയായി ഇവിടെ കഴിയണം മാനേജർ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തല്ലോ അല്ലേ സർ ഇതാ തനിക്കു അല്ല വിവരമുണ്ടോ ഇതൊരു എവിടെയാണോ ഇവരുടെ ഫോൺ നമ്പർ നമ്മളെ ബഹുമാന്യനായ അതിഥിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ ഫോൺ നമ്പറില്ലേൽ എങ്ങനെ അറിയിക്കും ഒരാളെ വിട്ടറിയിച്ചു വരുമ്പോഴേക്കും അല്ലേൽ ടെലിഗ്രാം കിട്ടി വരുമ്പോഴേക്കും വൃദ്ധസദനത്തിൽ എൻ്റെ ആദ്യ ദിവസം അങ്ങനെ ആരംഭിച്ചു ഡയറക്ടർ അർത്ഥോക്തിയിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ പറയട്ടെ എൻ്റെ മരണത്തെക്കുറിച്ചാണ് ഞാൻ കേൾക്കേ നിസ്സാരമായി അയാൾ പ്രസ്താവിച്ചത് ലോകം ഡോക്ടർമാർ നിസ്സംഗതിയിലേക്ക് വളരെ വേഗം കടക്കുകയാണ് പ്രാർത്ഥന അപ്പാപ്പനോ ഇത് ആരായത് ഓ നേഴ്സ് നിർമ്മല അപ്പാപ്പനായി കഴിഞ്ഞെന്നോ ഞാൻ അതെ സിറിയ കപ്പാപ്പൻ നല്ല പേര് ഇനി എനിക്ക് സൂട്ടും കോട്ടും ഒന്നും ആവശ്യമില്ല വേണ്ടത് ഒരു വടിയാണ് ഞാൻ പിടിക്കുന്ന പിടിക്കണം പിടിക്കണം അപ്പോ ഞാനിവിടെ ഒറ്റയ്ക്കല്ല കൂട്ടിന് നിർമ്മലയുണ്ട് ഇത് വഴി ഞാൻ അങ്ങോട്ട് വരണോ എന്തേ പ്രാർത്ഥിക്കാറില്ലേ പ്രാർത്ഥന വേണ്ടത് മനസ്സിലല്ലേ അല്ല നിർമ്മലയ്ക്ക് നിർബന്ധമാണെൽ വരാ അത്ര ഇഷ്ടമുണ്ടോ എന്നോട് സംശയമുണ്ടോ സിറിയക്കിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ കേട്ടാ ഇല്ല എല്ലാ വഴിയിലൂടെയും അന്വേഷിച്ചു ഒന്നരമാസമായി ആ വീട് പൂട്ടിക്കിടക്കുന്നു സാറയും സിറിയക്കും ഒന്നിച്ചാണ് പോയിരിക്കുന്നത് അന്വേഷിച്ചിരുന്നോ അവിടെ ചെന്നിട്ടില്ല ഓറപ്പാ പോലീസിനൊന്ന് പരാതിപ്പെട്ടാലോ ഏ എന്തു പറഞ്ഞ് അവർ ഭാര്യയും ഭർത്താവും അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി ഒരു ദിവസം അവർ തിരിച്ചു വന്നാൽ പരാതി കൊടുത്ത നമ്മൾ മോശക്കാരാവാൻ അത് മതി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക അത്രയും നമുക്കാവൂ രണ്ടു മാസമായിരിക്കുന്നു ഞാൻ ഈ വൃദ്ധസന്ദനത്തിലെത്തിയിട്ട് ഡിസംബറിലെ പ്രഭാതത്തിൽ നിന്നും എൻ്റെ പാവം ജീവിതം ഫെബ്രുവരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ക്രിസ്തുമസിന് ഒരു കേക്കുമായി എന്നെ കാണാൻ സാറാ വരുമെന്ന് കരുതി ജനുവരി ഒന്നിന് ആശംസാച്ചിരിയും പൂക്കളുമായി അവൾ വരുമെന്ന് കരുതി അല്ല സാറാക്കി വരാൻ ഒക്കാഞ്ഞിട്ട് തന്നെയാണ് എന്നാലും സാറാക്കി പകരം എൻ്റെ ആഗ്നസ് ആയിരുന്നെങ്കിലോ അവളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സദനത്തിലെത്തുമായിരുന്നില്ല അവൾ എന്നെയും പറ്റിച്ച് മരണ്ടത്തിൻ്റെ പൂന്തോപ്പിലേക്ക് വരവ് കാമുകയും കാമുകനും പോലല്ലേ കൊഞ്ചി കൊഴഞ്ഞ് ശൃംഖരിച്ച് പണം കൂടുതൽ കെട്ടിയ നിനക്ക് കിട്ടോ ആ വക സൗകര്യമൊക്കെ അതിന് എന്താ കയ്യിലൂടെ ആ പണം എന്നാ തിന്ന അസൂയ കണ്ട ലോചം പ്രതിഷേധ വന്നായി കളയാ നമുക്കൊക്കെ ഉള്ളത് ിയമം തെറ്റിക്കുന്നവർക്ക് നേരെ ഏത് വൃദ്ധസദനത്തിലായാലും നമ്മൾ അത് ഉപയോഗിക്കും അവനും നേഴ്സു നിർമ്മലിംഗം എത്തിക്കഴിഞ്ഞു എല്ലാവരും കൂടി ഒന്നിച്ചു പറഞ്ഞാട്ടെ വഴി മാറേ ഇവർക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു ഞാനിവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇവർക്ക് വിഷമമായാലോ എന്നാ ഇവിടെ നിന്ന് എല്ലാം ഏറ്റുവാങ്ങാം ഞാൻ പോണു ശരിയാ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇതത്ര ശരിയല്ല സഹോദര ഞങ്ങൾക്കും ഉണ്ടാകൂലോ ആഗ്രഹങ്ങള് അതിനിപ്പം ഞാൻ എന്ത് ചെയ്ത നിങ്ങൾക്കും ഞങ്ങൾക്കും ഇവിടെ വെവ്വേറെ നിയമം അനുവദിക്കില്ല ഞങ്ങൾ അതിന് കടല് കാണാൻ പോയപ്പോ നിങ്ങൾ ഒരു മനുഷ്യ സ്നേഹി ആയിരുന്നെങ്കിൽ കൂട്ടണമായിരുന്നു ശരിയാൻ്റെ അത് നമ്മൾ ഒന്നിച്ചായിരുന്നു ആ ഉല്ലാസയാത്ര നടത്തേണ്ടിയിരുന്നത് ഇരക്കല്ലേ സെന്റിമെന്റ്സ് ഇറക്കല്ലേ ഈ നിവേദനം ഞാൻ ഇന്ന് തന്നെ ഡയറക്ടർക്ക് സമർപ്പിക്കും ഇവിടുത്തെ എല്ലാ അന്തേവാസികളും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് നിങ്ങളൊരഹംഭാവിയാ സ്വയം ഉന്നതനാണെന്ന് കരുതുന്നു ഒരാളുമായി പരിചയപ്പെടാൻ നാളിതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല ഞാൻ അതിന് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകാൻ വന്നതാണല്ലോ ഡേ വീട്ട് ഞാൻ പോകുമത്രേ എങ്ങോട്ട് ഇതിനുള്ളിലായാൽ പോകില്ലടോ എങ്ങോട്ടും ഒരിക്കലും പോയില്ല വക്രോക്തികളും ദുസൂചനകളും എനിക്കിഷ്ടമല്ല വാസ്തവത്തിൽ എനിക്കിവിടെ മടുത്തിരിക്കുന്നു ഉടനെ തിരിച്ചുപോയാൽ എന്തെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഡയറക്ടർ വേഗം ഒരു ടാക്സി ഏർപ്പാട് ചെയ്തു തരൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത് കേട്ടോ പോയേ പറ്റൂ ഞാൻ കാരണം എവിടെയും പ്രശ്നങ്ങളുണ്ടാവരുത് എനിക്കെന്റെ വീടും സ്വത്തും സാറായും കഷ്ടം സ്വയം മനസ്സിലാക്ക സുഹൃത്തെ പോകണമെന്ന് വാശി പിടിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ആവശ്യമില്ലാത്ത അറിവുകൾ ഏറ്റുവാങ്ങാതെ സുഖമായി സ്വപ്നം കണ്ട് കിടക്കുന്നതല്ലേ രസകരം പേടിയുണ്ടല്ലേ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് കെട്ടിയ പണം തിരിച്ചു മേടിക്കുമെന്ന ആ പേടി എങ്കിൽ കേട്ടോളൂ ഒരു പൈസ പോലും തിരിച്ചു തരേണ്ടതില്ല മിസ്റ്റർ സിറിയഖ് പാവത്തിൽ പാവമാണ് താങ്കൾ അതുകൊണ്ട് താങ്കളോട് എനിക്ക് സ്നേഹവും സഹതാവും ഉണ്ട് കുറേ കൊല്ലം ഇവിടെ കഴിയുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്വാഭാവികത ലഭിക്കും ആ സ്വാഭാവികതയിൽ ഏത് നടുക്കുന്ന വാർത്തയും ഒന്നുമല്ലാതായി തോന്നും ആ സ്വാഭാവികത വേണ്ട എന്നാണെങ്കിൽ കേട്ടോളൂ താങ്കൾക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല ഒരിക്കലും ഏഴ് കണ്ടീഷനുകളിലാണ് താങ്കളെ സാറാ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശിഷ്ട അതിഥിക്കുള്ള പരിചരണം നൽകണം സിറിയക്കിന് കാരണം അങ്ങേരുടെ പണത്തേലാ ഞാൻ രസിക്കുന്നത് ചുമ്മാ ഒരു മനസാക്ഷിക്കൊത്ത് വേണ്ടല്ലോ മരിക്കും വരെ വൃദ്ധസദനത്തിൽ നിന്ന് സിറിയക്ക് തിരിച്ചു വരരുത് എന്റെ സെക്യൂരിറ്റിക്കാരുടെ ക്ലോസ് ഒബ്സർവേഷനിലാണ് താങ്കൾ എപ്പോഴും സിറിയ മരിക്കുമ്പോൾ മാത്രം എന്നെ അറിയിക്കുക ആളൊരു പാവമാ അങ്ങേരുടെ ഭാര്യ ആഗ്നടുത്ത് അടക്കം ചെയ്യാനാ സാറാ എന്റെ നീ എന്റെ ഹൃദയം വായിച്ചറിഞ്ഞല്ലോ നന്ദി മരണം കണ്ടോ സാറക്ക എന്നോടുള്ള സ്നേഹം കണ്ടോ ശരിയാ ബുദ്ധിമതിയും താങ്കളുടെ ആയുസ്സിൽ സ്നേഹമുള്ളവളുമായ ഒരു ഭാര്യയുടെ ഭർത്താവായിരിക്കുന്നത് ഭാഗ്യമാണേ തീർച്ചയായും തീർച്ചയായും ഒന്ന് വേഗം മരിച്ചു കിട്ടാൻ എന്താ വഴി എൻറെ പേര് അവത ഭംഗിയായി കോട്ടും പാൻറും ഒക്കെ ദേ ഇതുപോലെ ഞാൻ നടക്കൂ അസൂയക്കാർ വിളിക്കുക അവത തന്താന്ന ഉള്ളത് പറയാലോ അമ്പത്തെട്ട് വയസ്സായി വയസ്സിന് വിട്ടുകൊടുക്കില്ല ഞാൻ ഒരിക്കലും എന്നായാലും ഒരു ദിവസം മരിക്കും അതുവരെ സന്തോഷമായിട്ട് രസമായിട്ട് ജീവിക്കുക എന്റെ മക്കളാ ആ വന്നത് കള്ള പരിശകൾ എനിക്ക് വേണ്ടി കാശ് കെട്ടാനാ വന്നിരിക്കുന്നത് വലിയ അഭിമാനികളാ എന്റെ പുതു പടക്കം പൊട്ടിച്ചാ അവർ അഭിമാനം കാത്തത് പുതു കല്യാണം അതേടോ മനസ്സിലായില്ല ഒന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോ അവരെന്നോട് യുദ്ധത്തിന് വന്നു വയസ്സനായ ഞാൻ ഒറ്റയ്ക്കായി എന്റെ മക്കളും മരുമക്കളും ഒറ്റ കെട്ടായി എനിക്ക് തോന്നി ഒന്ന് കെട്ടണമെന്ന് സുന്ദരിയായ ഒരു മധുര പതിനേഴിന് തന്നെ കെട്ടി അനുഭവം അല്ലേ ചങ്ങാതി ഞാൻ അവിടെ വച്ച് കൊടുത്തിട്ട് പോകുന്നിരിക്കുന്നത് ഇപ്പോഴും മനസ്സിലായില്ലേ ഇല്ല െന്താ പൊട്ടന ഡോ കേൾക്ക് വെറിയന്മാരായ എന്റെ മക്കൾക്കിടയിലേക്ക് ഒരു മധുര പതിനേഴാ ചെന്നിരിക്കുന്നേ എനിക്കറിയില്ല അവന്മാരെയും അവന്മാരുടെ ഭയങ്കരത്തികളായ ഭാര്യമാരെയും പിന്നത്തെ അംഗം പറയണോ തരം കിട്ടിയാ ചെല്ലും അവന്മാര് പാത്തും പതുങ്ങിയും പിന്നെ തലവെട്ടിപ്പൊളി ആശുപത്രി അത് കഴിഞ്ഞാലും തീരില്ലെന്നേ തമാശ എന്റെ മരണശേഷം എന്റെ സ്വത്തൊക്കെ ഞാനൊന്നും തൊടുക പോലും ചെയ്തിട്ടില്ലാത്ത എന്റെ പതിനേഴുകാരി ഭാര്യയ്ക്ക ഒക്കെ രേഖാമൂലം എഴുതി വച്ചിട്ടുണ്ട് എന്തു പറയുന്നു എന്റെ ബുദ്ധിയെ പറ്റി വയസ്സൊത്രയായി അമ്പത്തെട്ട് അല്ലേ ഒത്തിരി വൃദ്ധമാനെ കാണുന്നല്ലേ ഡയറക്ടർ സദനത്തിന്റെ നിയമം അനുസരിച്ച് മൂന്ന് വയസ്സധികമാ ഒരു എഴുപത് തൊട്ടേ കിടപ്പിലാവൂത്തെട്ട് പ്ലസ് ഇരുപത്തിരണ്ട് കൊല്ലത്തേക്കുള്ള തുക മുൻകൂർ വാങ്ങിച്ചേര് ഞാനിങ്ങേറെ മൂത്ത മകനാ ഇത് എന്റെ അനിയൻ ഇരുപത്തിരണ്ട് കൊല്ലമത്രേ മുടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ ഡയറക്ടർ ഇത് കുറച്ചധികമാണ് നിയമം നിയമം തന്നെയാണ് കാണാ നിയമത്തിലല്ലാതെ എവിടെയാ തിരിമറി നടത്തുക കാശുമായുള്ള ഏർപ്പാടാവുമ്പോൾ ലേശം വിട്ടുവീഴ്ച ഒക്കെ വേണ്ടി വരില്ലേ ഡയറക്ടറെ ഇത്രയും നേരം വായിട്ടടിച്ചതല്ലേ ഒരു രണ്ട് കൊല്ലം കുറയ്ക്ക് ഇരുപത് വയസ്സ് റൗണ്ട് ഫിഗർ ആയിക്കോട്ടെ എന്താ എങ്കിൽ പിന്നെ ആ ശരി ഇതാ തുക ഞങ്ങൾ പോകുന്നു ഏതാ എന്താ കാറ്റഗറി മക്കൾ അത്രയേ തന്നുള്ളൂ പറ്റില്ല ഈ ചെക്ക് നോക്ക് നാൽപ്പത് നാൽപ്പത് ലക്ഷം രൂപ അതെ ഇത് താങ്കൾക്കുള്ളതാണ് എനിക്കൊന്നാമൻ തന്നെ ആവണം ഹലോ ഞാൻ ഡൊമിനിക് അതെ ഞാൻ സാറ പറഞ്ഞിട്ട് വരികയാണോ എവിടെ എന്റെ സാറേ വന്നിട്ടില്ല മാസങ്ങൾ അതോ കൊല്ലങ്ങളോ അതൊന്നും എനിക്ക് ഓർമ്മയിലില്ല പറയണം ഡൊമിനിക് എന്താ എന്താ സാറ എനിക്കായി താങ്കൾ വശം അത് ഞാൻ താങ്കളോട് ഗൗരവുള്ള ചില സംഗതികൾ സംസാരിക്കാനായാണ് വന്നത് തമാശ തന്നെ ഗൗരവമുള്ള സംഗതികൾ അതും എന്നോട് താങ്കൾ വളരെ ബുദ്ധിമാനും കാരുണ്യവാനുമാണെന്ന് സാറ എപ്പോഴും പറയാറുണ്ട് എന്നെ അറിയാം എങ്കിൽ എങ്കിൽ ആ കാരുണ്യവും ബുദ്ധിയും ഞാനും സാറയും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരിക്കലും ഇല്ല നോക്കൂ ഒരൊളിച്ചോട്ടത്തിനോ താങ്കളിൽ നിന്ന് മറച്ചു വെക്കുന്നതിനോ ഞാനും സാറേയും ആഗ്രഹിക്കുന്നില്ല ഞാൻ സാറേക്കാൾ മൂന്ന് വയസ്സിൽ എളുപ്പമാ പക്ഷേ പ്രായവ്യത്യാസമല്ലല്ലോ ദിവ്യമായ പ്രേമത്തെ കൂട്ടി ഇണക്കുന്നത് താങ്കളൊരു കാരുണ്യവാനാണ് സാറേ താങ്കൾ എനിക്ക് തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ നിന്ന് ലീഗലായ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം താങ്കൾക്ക് അതിന് കഴിയുകയുമില്ല എല്ലാം നിയമാനുസൃതമായിരിക്കുന്നതല്ലേ ജീവിതത്തിന്റെ സുരക്ഷിതത്തിനും നല്ലത് ഈ രേഖ നോക്കിയാട്ടെ താങ്കളെ ഡോക്ടർ റോയി മാത്യുവിന്റെ മനോരോഗ കേന്ദ്രത്തിൽ രണ്ടു വർഷം കിടത്തി ചികിത്സിച്ചതിന്റെ റിപ്പോർട്ട് ഭ്രാന്ത് ഭേദമായെങ്കിലും ആക്രമണ സ്വഭാവവും വീട്ടു നശിപ്പിക്കുന്ന പ്രവണതയും വർദ്ധിച്ചതിനാൽ ഡിസംബർ നാലിന് നിർമ്മൽ ഭവൻ വൃദ്ധസദനത്തിലാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഇതെല്ലാം ചേർത്ത് തന്റെ ജീവനും സ്വത്തിനും അപകടം വരുത്താനിടയുള്ള സിറിയറ്റ് ആന്റണിയിൽ നിന്ന് മോചനം നൽകാൻ കരഞ്ഞപേക്ഷിക്കുന്ന സാറയുടെ ദയാഹർജി ഇത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു നല്ല കാര്യം നല്ല കാര്യം എന്നാലും സാറ എന്നെ പറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കേട്ടില്ലേ കാര്ണ്യവാനെന്ന് രോമാഞ്ചം വരുന്നുണ്ട് എനിക്ക് പോകുമ്പേ ഈ കടലാസിൽ ഒരുപ്പ് സാറയെ സർവ്വവിധ താല്പര്യത്തോടും കൂടി എനിക്ക് തന്നതായിട്ട് അതിനെന്താ ദാ ഇട്ടുകഴിഞ്ഞു സന്തോഷമായി താങ്കൾ നല്ലവനാണ് മറക്കില്ല കേട്ടോ താൻ നല്ല അനുസരണമുള്ള കുട്ടിയാ സാറയ്ക്ക് മുഷിയില്ല സമയാങ്കാലത്ത് പ്രസവിച്ചിരുന്നേൽ എന്റെ മകനും ഇതേ പ്രായം കാണുമായിരുന്നു ഇറങ്ങട്ടെ മിസ്റ്റർ ഗുഡ് ബൈ സാറായോട് എന്റെ അഭിനന്ദനങ്ങൾ പറയണം ഒരു മിനിറ്റ് ഇത് വിവാഹ ദിവസം സാറാ എനിക്കണിയിച്ച മോതിരവ ഇതിന് ഡൊമിനിക്കിനിരിക്കട്ടെ യും ഞാൻ ഇവിടെ പണിക്കരും രേവതിയും ഇതെന്നാ അവസാന സീനിൽ കഥാപാത്രങ്ങളെല്ലാം ഒന്നിക്കും പോലെ ഇന്ന സിയ്ക്കിവിടെയുള്ള വിവരം അറിഞ്ഞത് ഉടനെ പുറപ്പെടുകയായിരുന്നു നന്നായി നന്നായി കാണാനായില്ലോ നികിത്തുമ്പോൾ മിസ്റ്റർ ജിതിൻ സുഖമാണോ ഞങ്ങൾക്കൊപ്പം ആയ എന്തൊരു സന്തോഷമുള്ള ദിവസമായിന്ന് പഠിക്കരെ ഒരുപാട് വൈകി പോയടൂ താൻ എനിക്ക് തിരിച്ചു വരാനൊക്കത്തില്ല എഗ്രിമെന്റ പോരേയും കാണണ്ട സിറിയക് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല പോണ എല്ലാവരും എന്നെ വിട്ടു പോകാൻ ഞാൻ പിടിക്കണോ അപ്പാപ്പാ പിടിക്കണം നിർമ്മന ഞാൻ വയസ്സനായി പോയിരിക്കുന്നു വയസ്സനായി പോയിരിക്കുന്നു വൃദ്ധസദനം നാടകം ഇവിടെ സമാപിക്കുന്നു രചന ടി വി കൊച്ചുബാവ അവതരണം ആകാശവാണിയുടെ തൃശൂർ നിലയം